യഹൂദരിൽ ചിലർ വാക്കുകളെ അവയുടെ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റുന്നു അവർ പറയുന്നു ഞങ്ങൾ കേട്ടു പക്ഷേ ഞങ്ങൾ അനുസരിക്കുന്നില്ല നീ കേൾക്കുക പക്ഷേ കേൾപ്പിക്കാത്തവനായിരിക്കുക റ നാക്കുകൾ വളച്ചും മതത്തെ പരിഹസിച്ചും അവർ പറയുന്നു അവർ ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു നീ കേൾക്കുക ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതവർക്ക് കൂടുതൽ ഉത്തമവും നേരായതുമാകുമായിരുന്നു എന്നാൽ അവരുടെ കുഫ്റ് നിഷേധം കാരണം അള്ളാഹുസുബാനഹുവറ്റായ അവരെ ശപിച്ചു അതിനാൽ ചുരുക്കം ചിലരല്ലാതെ അവർ വിശ്വസിക്കുന്നില്ല